ആർത്തവത്തെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു പറയുക അത് ഒരസ്വാസ്ഥ്യമാണ് അതിനാൽ ആർത്തവസമയത്ത് സ്ത്രീകളിൽ നിന്ന് വിട്ടുനിൽക്കുക അവർ ശുദ്ധിയാകുന്നതുവരെ അവരെ സമീപിക്കരുത് അവർ ശുദ്ധിയായാൽ അല്ലാഹു സുബാനഹൂവറ്റ ആല നിങ്ങളോട് കൽപ്പിച്ച രീതിയിൽ അവരെ സമീപിക്കുക തീർച്ചയായും അള്ളാഹുസുബഹാനഹൂവറ്റ ആല പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു ശുദ്ധി പാലിക്കുന്നവരെയും അവനിഷ്ടപ്പെടുന്നു